അധ്യായ രണ്ട് ശ്ലോകതന്ത്രം ഇവിടെ വേദാന്ത ദേശീയർ പറയും അദ്വിതത്തെ അതിൽ ഏകജീവവാദത്തെ നിഷേധിക്കണം ബ്രഹ്മം അത് തന്നെ ഏകനായ ദൈവം അവിദ്യുത്തനാവും ഏക ബ്രഹ്മം ഏകദീപം സ്വപ്നത്തിൽ ഉപദേശിക്കുന്നു സ്വപ്നത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കണം സ്വപ്നം കാണുന്ന ആനേകനായ ജീവനാണോ ഗുരു അപ്പോ സ്വപ്നത്തിൽ കാണുന്ന ജീവനാണോ ഗുരു രണ്ടുപക്ഷത്തി ദോഷം വരും സ്വപ്നം കാണുന്ന ആയേകനായ ജീവനാണോ ഗുരു അഗ്രഹം അഗ്രവിലെ ജാലം സംഭവിച്ചതിലിപ്പോ സ്വപ്നം അവസാനിച്ച് ഉപദേശിച്ചിട്ട് അങ്ങനും ആദ്യം പറയുന്നത് ഇനി സ്വപ്നത്തിൽ കാണുന്ന ഒരു ജീവനാണ് ഗുരുവിന്റെ സ്വപ്നത്തിൽ കാണുന്ന ജീവൻ ഗുരു ആ ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് സ്വപ്നത്തിന് ബാധസം ബന്ധിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ സ്വപ്നം കാണുന്ന ഗുരുവനുണ്ട് പപാത്രമാണ് ആ കഥാപാത്രത്തിന്റെ ജ്ഞാനം കൊണ്ട് സ്വപ്നം മാറത്തില്ല സ്വപ്നം മാറണമെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവന് എന്തെങ്കിലും സംഭവിക്കാം ജാഗ്രതത്വം ജ്ഞാനം വേണം സ്വപ്നം മാറാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കഥാപാത്രം അതിൻ്റെ ജ്ഞാനം കൊണ്ട് സ്വപ്നം ഭാന്തി നശിപ്പിച്ചത് ആ ജ്ഞാനം കൊണ്ട് നശിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായും മറ്റെന്തെങ്കിലും കൊണ്ട് സംഭവിക്കാം അതെന്നെ പറയും അതുകൊണ്ട് ഇനി ആ രണ്ടുപക്ഷവും ശരിയാകത്തില്ല അപ്പോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനാണോ ശേഷം സ്വപ്നത്തിൽ കാണുന്ന ഒരുവനാണ് ശിശു ഈ രണ്ടുപക്ഷം എടുത്താൽ തത്വജ്ഞാനം മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയാകില്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ശിഷൻ എന്നിടത്ത് കഴിഞ്ഞാൽ വ്യാഖ്യാനത്തിൽ പറയുന്നു അയ അത്ര അർജുനാദിനി സൈവജീവ് തൃതീയകട്ടയെ പ്രമാണം പുലഭാമേ പത്രാംഗത്തെയും യോഗത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ അർജുനൻ അല്ലെങ്കിൽ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ശിഷ്യൻ എന്ന് പറഞ്ഞാലും അതിന് പ്രമാണൊന്നുമില്ല എന്നിട്ട് അതിന് സമർത്ഥിക്കാൻ കഴിയില്ലാത്തത് എന്തുകൊണ്ടെന്ന് ഇനി പറയും അത്ര അർജുനാധിസഹ് ദേവ ജീവ അർജുനാദീച്ച ശിഷ്യൻ എന്ന് മനസ്സിലാവും ശിഷ്യനാണ് ആ സ്വപ്നം കാണുന്ന ജീവ ഞാൻ സ്വപ്നം ഞാൻ ആണ് ശിഷ്യൻ ഇത് തൃതീയ മൂന്നാമത്തെ പക്ഷം കൽപ്പം വെച്ച മാണോ എന്നൊക്കാമെ എന്തുകൊണ്ട് അയം ശിഷ്യോ ജീവോ മുക്തോ ഭവിഷ്യഹം അതേ സ്വപ്നമന്യതെ ശിഷ്യൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഞാനാണെങ്കിൽ ആചാര്യനിലൂടെ ആചാര്യം വേണ്ട ഉപദേശം ഞാൻ ആചാര്യനിലൂടെയും ഈ സ്വപ്നത്തിൽ കാണുന്നതിന് എന്തൊരു കഥാപാത്രമായി അങ്ങനെ നിൽക്കാൻ പറ്റൂ കാരണം എന്തുകൊണ്ട് സ്വപ്നം കാണുന്നവൻ ശിഷ്യനായി ഇതൊക്കെ അവിടെ വേണ്ടേ ഒരു ശിഷ്യനൊക്കെ ഈ സ്വപ്നത്തിൽ വേണ്ടചാര്യൻ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണും നിങ്ങളുടെ കൂട്ടത്തിലെവിടെ ആചാര്യൻ ആചാര്യന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ് എന്താണ് അപ്പൊ ആചാര്യം അവിടെ നിന്ന് ചിന്തിക്കുകയാണ് ഈ സ്വപ്നം കാണുന്നവനായ ഈ ശിഷ്യൻ എന്റെ ശിഷ്യൻ അവൻ മുക്തനാകും കാരണം ആചാര്യൻ തത്വജ്ഞാനത്ത് ഉപദേശിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്ത വരുമല്ലോ ആചാര്യന്റെ മനസ്സിൽ എന്റെ ശഷ്യൻ മുക്തനാകും ഈ സ്വപ്നം കാണുന്നവനായ എന്റെ ശിഷ്യൻ കല്പിച്ച ഒരാളാണ് ഇതൊക്കെ ആചാര്യൻ മനസ്സിലാക്കുള്ളൂ കാരണം ആചാ ആചാര്യൻ ഈ കൂട്ടത്തിൽ അവിടെ ഇരിക്കുകയാണ് ഞാനാണ് ശിഷ്യൻ മനസ്സിലായത് അപ്പൊ ഞാൻ ശിഷ്യനാണ് അപ്പൊ ആചാര്യത്തിന്തി ഞാൻ ഇവനെ ഉപദേശിച്ച് യവനമുക്തനാണോ പിന്നെ ഈ സ്വപ്നം കാണണമെന്ന് കല്പിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ എന്ത് സംഭവിക്കും ഞാൻ ആചാര്യം ചിന്തിക്കുകയാണ് ഞാൻ ഇവരും തത്വജ്ഞാനം ഉപദേശിച്ചു കഴിഞ്ഞാൽ യവൻ എന്നെ കൊല്ലം അങ്ങനെ തത്വജ്ഞാനം ഉണ്ടായി സ്വപ്നം നശിക്കും സ്വപ്നം നശിച്ചാൽ ആചാര്യന്റെ തടവഴി ആചാര്യന് മോശം ഇല്ല മോശം കിട്ടുമ്പോൾ വേണം അതാണ് അടുത്ത പ്രശ്നം അതുകൊണ്ട് എന്ത് ചെയ്യും ആചാര്യം വിചാരിക്കും എന്തായാലും ഈ സ്വപ്നം കാണുന്ന ഏത് ആയ എന്റെ ശിഷ്യയില് ഞാൻ ഉപദേശിച്ചു അതോടുകൂടി എന്റെ അവസാനമാകും അതുകൊണ്ട് ഞാനും ഇത് ഞാനും ഉപദേശിക്കുന്നില്ല എന്റെ വലിയ കോൺ ശിഷ്യൻ എന്ത് വരും ബോധം ഉണ്ടാവും ഗുരു മരിച്ചപ്പോ ഗുരു ഞാനും ഉണ്ടാവും അപ്പൊ ഇതാവ പ്രശ്നമുള്ള സംഗതിയാണ് അതുകൊണ്ട് എന്താണെന്ന് എന്തായാലും ഈ സ്വപ്നം കാണുന്നത് ആചാര്യനായാലും ശരി ശിഷ്യനായാലും ശരി ഇവിടേക്കൊരു സ്വപ്നം കാണുന്നത് ശിഷ്യനാണ് ആചാര്യൻ്റെ അവിടെ ഒരു കഥാപാത്രമാണ് ഇപ്പോ ഇത് അവസാനിക്കുകയാണ് ഈ ഭ്രാന്തി അവസാനിക്കുകയാണ് മുക്തി അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം ഇണ്ടായിരുന്നുകൊണ്ട് സ്വപ്നം കാണുന്നതെന്ന് കുറച്ച് കഴിയുമ്പോ ജാഗ്രതത്തിൽ തനിയെ തന്നവരും പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം സ്വയം തന്നെ ജാഗ്രതത്തിലേക്ക് പിന്നെ ജ്ഞാനവും മോക്ഷവും പോയാൽ ഇതിന്റെ ആവശ്യവും ഇതിന്റെ ഒന്നും ഇനി മാത്രമല്ല ശിഷ്യം ഞാൻ ശേഷി ഇവിടെ ഇവിടെ എന്റെ എന്നിട്ട് പറയാണ് എന്റെ ഇടയ്ക്കിരുന്നു കൊണ്ട് എന്നോട് പറയാണ് നീ എന്ത് ശിഷ്യനാകും ഞാൻ ഇടകത്തപ്പം ഞാൻ ഉപദേശിക്കാൻ പോകണമെന്ന് പറഞ്ഞാ ഞാനെന്തായിരിക്കും കൊള്ളാം എന്റെ സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് നീ എന്റെ ഗുരുവാകണം അത് വേണ്ട അതടക്കത്തില്ല ഇരുന്നുകൊണ്ട് നിന്നെ ഞാൻ ആശ്രയിച്ചു നിങ്ങളുടെ ആരെങ്കിലും എന്റെ ഗുരുവായെന്ന് ഞാൻ ആ ഇതെല്ലാം എന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്റെ ഗുരുവാ ഞാൻ സമ്മതിക്കത്തില്ല അതൊരിക്കലും നടക്കുന്ന കാര്യം അങ്ങനെ ആരെങ്കിലും സമ്മതിക്ക നമ്മൾ ഒരാളുടെ അടുത്ത് പോയി അയാളിൽ നിന്ന് വിദ്യയൊക്കെ സ്വീകരിക്കും സ്വീകരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു നമ്മൾ അയാളുടെ ഗുരുമാവശം ആരെങ്കിലും അംഗീകരിച്ച് നടക്കുന്ന കാര്യമാണ് അതുപോലെ ഈ സ്വപ്നം കാണുന്ന ശേഷം വിചാരി വിചാരിക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഈ കഥാപാത്രം ഈ ആ ഗുരു എന്റെ കൽപ്പനയെ വെറും എന്റെ കർത്തനായിരിക്കുന്ന അയാള് എന്റെ ഗുരുവാകുമ്പോ അയാള് പറയുന്നത് ഞാനെന്തിനാ കേൾക്കും കേൾക്കാൻ തേക്കാം നിരവധി പ്രത്സവങ്ങളാണ് എന്തുകൊണ്ട് ഈ ഗുരുവും ഈ ഗുരുവിന്റെ ജ്ഞാനവും എല്ലാം എന്റെ സ്വപ്നം അവസാനിക്കുന്ന തീരും പിന്നെ ഞാനെന്തിനാ അയാള് പറയുന്നത് കേൾക്കും അയാളെന്തിന ഗുരുവാകുന്നു അതിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങളിത് ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞ ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞാ ആരുടെ സ്വപ്നം ഞാൻ പറയുന്നതൊക്കെ എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്കും പറയാം ഇതാണ് സ്വപ്നമാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കിയാണല്ലോ സ്വപ്നമാണ് അത് സ്വപ്നമാണ് ഇത് എന്റെ സ്വപ്നം എന്ന് ഞാൻ പറയുന്നതുപോലെ തന്നെ തുല്യമാണ് നിങ്ങളുടെയും സ്വപ്നം അപ്പോ ഞാനും മനസ്സിലാക്കുന്നു ഇതെന്റെ സ്വപ്നമാണ് നിങ്ങളും മനസ്സിലാക്കുന്നു സ്വപ്നമാണ് ഇപ്പൊ നമ്മൾ ആരാധക ആരാ ശേഷി ഗുരു ശേഷിനെ അങ്ങനെ തീരുമാനിക്കും ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നത് രണ്ടുപേർക്കും തുല്യമായ അവകാശം ഉള്ളതാണ് കാരണം രണ്ടുപേരും പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടെന്താണോ ഇരുന്ന് ശരിയാകത്തും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിയാകത്ത് എന്നടുത്തു പറയുന്നത് അയം ഭത് അർജുനാ സീവീയതാണ് ഏകജീവൻ യവൻ മുക്തനായി ഗുരു ചിന്തിക്കുന്ന കാര്യം പറയണം അങ്ങനെ ചിന്തിക്കുന്ന ഗുരു അഹം ത്വന സ്വപ്നദിത ഞാനാണെങ്കിലോ ഇവൻ കൽപ്പിച്ചവനാണ് എൻ്റെ ഈ ശിഷ്യൻ സ്വപ്നം കാണുന്ന ശിഷ്യൻ എന്ന് കൽപ്പിച്ചിരിക്കുകയാണ് ഇത് ആചാര്യോഹി നമ്മളിങ്ങനെ നിങ്ങൾ ഒരു ആചാര്യം ചിന്തിക്കത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം അർത്ഥം പറയുക അവൻ ചിന്തിക്കാൻ പറ്റത്തില്ല തഥാസൃതി അങ്ങനെ ഒരു ആചാര്യം ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഞാൻ ഇന്ന് ചിന്തിച്ചു സ്വസംഹാരകാരനെ തന്നെ നശിപ്പിക്കുന്ന മഹാഭകാരനെ തന്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന അവന് തസ്മിനെ ഉപദേശിക്കും ആത്മജ്ഞാനോപദേശിക്കത്തിൽ ഉണ്ടെങ്കിലും പറയുന്നു പറഞ്ഞാൽ നീ ശിഷ്യമുക്തനാവും അതുകൂടി താൻ നശിക്കും സ്വയംഭീ സ്വപ്ന ഭാവാ നിയമേനൈവ നിവർത്ത സാതിഥി മോക്ഷോപായവും ആ ചിലയിൽ ഇനി ശിഷ്യനാണെങ്കിലോ ശിഷ്യനായി ഗുരുവായൂരി എന്താണ് സ്വയം സ്വയം ഹീ സ്വപ്ന സ്വപ്ന സ്വഭാവ നിയമേനൈവ നിവർത്ത്യം താൻ സ്വപ്നത്തിൽ നിന്നും സ്വയം നിവർത്തനം ഇപ്പൊ ആചാര്യം പറയുകയാണ് ചിന്തിക്കുകയാണ് എന്തായാലും ഒരാളുടെ സ്വപ്നത്തിലാണ് ഞാൻ ഇരിക്കുന്നത് സ്വപ്നത്തിന്റെ ഒരു കഥാപാത്രമാണ് ഈ സ്വപ്നം അവസാനിക്കുമ്പോൾ ഞാനും പോകും നിയമേനായവ നിവർത്തകസ്യം സ്വയം ഇല്ലാതാവും സ്വപ്നം അവസാനിക്കുമ്പോൾ ആചാര്യൻ അവസാനിക്കും ൻ മോക്ഷത്തിന് വേണ്ടി ഒരു സാധനം ചെയ്യത്തില്ല എന്തുകൊണ്ട് ആചാര്യൻ്റെ കൂടെ സ്വപ്നത്തിന് സിദ്ധമായ സ്വപ്നം എന്തായാലും നശിക്കുമ്പോൾ ആചാര്യനും ഇല്ലാതാവും പിന്നെ എന്തിനാ മോക്ഷോപായം ആചരിക്കുന്നു എന്റെ ആവശ്യമില്ല ശിഷ്യോ സ്വപ്നദൃഷ്ടവൻ തുടരും ശിഷ്യൻ സ്വയം വിചാരിക്കുകയാണ് ഞാനാണ് കാണുന്നവൻ എന്റെ സ്വപ്നത്തിലെ കഥാപാത്രമാണെന്ന് ഗുരുവിനെ തിരിച്ചറിഞ്ഞ ശിഷ്യോ സ്വപ്ന ദൃഷ്ടപത് ഗുരുമന്യോ സ്വപ്നത്തിൽ കാണുന്നവനാണെന്ന് ഗുരുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ തോന്നിയ അങ്ങനെയുള്ള തന്റെ കഥാപാത്രത്തിൽ നിന്ന് ആരാണ് വേദാന്ത ഉപദേശിച്ചേക്കുന്നത് കേൾക്കത്തില്ല ഗുരുതജ്ഞാന ി കല്പിച്ചത സ്വയമേവ തജ്ഞാന വിഷയവിശേഷൻ തഥം ശ്രമോതി പറയുന്നു ഗുരു ഗുരുവിന്റെ ജ്ഞാനം എല്ലാം എന്റെ കല്പനയിൽപ്പെട്ട ഇതറിയുന്ന ഒരുവൻ എങ്ങനെ ആ ഗുരുവിൽ നിന്നും തത്വ ശ്രവിക്കുന്നു എന്നാണ് ഗുരു തജ്ഞാന ശേഷം ഗുരുവും ഗുരുവിന്റെ ജ്ഞാനവും ഞാനവിശേഷം ബ്രഹ്മജ്ഞ സ്വഭ്രാന്തി കല്പിതയോ ശിഷ്യനാണ് സ്വപ്നം കാണുന്നതെന്ന് അപ്പൊ അതറിയാം ഇതൊക്കെ എന്റെ ഭ്രാന്തി കല്പിക്കപ്പെട്ടതാണ് സ്വയമേവ തജ്ഞാന വിഷയവിശേഷജ്ഞനം കാണുന്ന ആ ശിഷ്യൻ എന്ത് മനസ്സിലാക്കുന്നു ആ ഗുരു സ്വയം തന്നെ തജ്ഞാന വിഷയവിശേഷം ആ സ്വപ്നജ്ഞാനത്തിന്റെ ഒരു വിഷയമാണ് വിഷയവിശേഷം മറ്റൊരുപാട് പേര് അവിടെയുണ്ട് ഈ കൂട്ടത്തിൽ അതിൽ ഒരാളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എന്റെ ഗുരു അതാണ് ആ സ്വയമേവിച്ച ആചാര്യം തന്നെ തജ്ഞാന വിഷയവിശേഷം ആ തജ്ഞാനം എന്ന് വെച്ച സ്വപ്നങ്ങളാണെന്ന ശിഷ്യന്റെ ജ്ഞാനത്തിന്റെ ഒരു വിഷയമാണ് ഇത് ഞാനൻ അങ്ങനെ അറിയുന്നവനായ ആ ശിഷ്യൻ തതഹശിതോ അങ്ങനെ തന്റെ സ്വപ്നത്തിന്റെ ഒരു കഥാപാത്രമായ ഗുരുവിൽ നിന്ന് അങ്ങനെ വേദാന്ത ശ്രമിക്കും സ്വകൽപ്പിത ഉപദേഷ്ട്രമാഭ്രാന്തി ചാസ്യം രഘുപരം തമാശയെന്നെ പറയുന്ന എന്താണ് താൻ കൽപ്പിച്ച ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് തൻ്റെ ഭ്രാന്തി നിവർത്തിച്ചു എന്നത് പറയുന്നത് വെറും എന്താണ് കോമഡിയാണ് എന്നാണ് സ്വകല്പിത ഉപദേശം സ്വകല്പിതെന്ന് വെച്ചാൽ ശിഷ്യൻ കൽപ്പിച്ച ഉപദേഷ്ട എന്ന് വെച്ചാൽ ആചാര്യ നിന്നും ജനിതമായ ഉണ്ടായ ഉപദേശഭ്രമാ തന്റെ സ്വപ്നത്തിൽ താൻ തന്നെ കല്പിച്ച അത് തന്റെ കല്പര്യാണ് ആ ഗുരുവിന്റെ ജ്ഞാനവും ഭ്രഹമായിരിക്കും കാരണം ഇത് ആകമത്വം ഭ്രമമാണ് ആ ഭ്രമം കൊണ്ട് സ്വഭ്രാന്തി വർത്തി ശിഷ്യന്റെ ഭ്രാന്തിക്കും അപ്പൊ ഭ്രഹം കൊണ്ട് ബ്രഹ്മം നിവർത്തിക്കും സ്വപ്നമേ ഒരു അതവൻ തിരിച്ചറിയും ജാഗ്രതി സ്വപ്ന ബ്രഹ്മത്തിലെ ഒരാള് സ്വപ്നം കാണുന്നവരെ ഉപദേശിക്കുകയാണെങ്കിൽ അതും ബ്രഹ്മജ്ഞാനമായി അപ്പൊ ബ്രഹ്മജ്ഞാനം കൊണ്ട് ഇങ്ങനെ ബ്രഹ്മജ്ഞാനം എന്ന് വർത്തി ഇതിജഹാസ്യതൊരു കോമഡിയാണ് നിങ്ങളുടെ ഏകജീവം എന്ന് പറയുന്നത് ചിന്തിച്ചു പോകുമ്പോൾ ഒരു കോമഡിയാണ് ഒരുവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് രണ്ടോണ കേട്ടു ഇതൊരു കോമഡിയാണ് ഭ്രമാകുമ്പോത്തേ ഇനി സ്വപ്നത്തിൽ നിന്ന് തനിക്ക് മോചിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗുരു വേണ്ട സ്വപ്നത്തിൽ ഗുരുവിന്റെ ആവേശങ്ങൾ ഗുരുവിന്റെ ഉപദേശം വേണ്ട പിന്നെ അതങ്ങനെ സംഭവിക്കാം ഞാനിങ്ങനെ സ്വപ്നത്തിൽ ഇരിക്കുന്നു പെട്ടെന്നൊരു തെരുവുകൊട്ടി കൊണ്ടാണ് ഓടുന്നു പണ്ടൊക്കെയാണെങ്കിൽ ആന കുതിരി സിംഹവും കുരിയൊക്കെയാണ് കാണണം ഇന്ന് അതാരും കാണത്തില്ല നമ്മൾ പേടിക്കുന്ന എന്തിനു കാണുമ്പോഴാണ് തെരുവ് നായ കാണത്തില്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെരുവ് കടിക്കാൻ വരണം പേടിച്ചു തുടങ്ങുകൊണ്ടേ എന്റെ സ്വപ്നം പോകും അതിനു ഉപദേശത്തിന്റെ ആവശ്യവും ഇല്ല അതാണ് ഉത്തമം തിരയിൽ ആവുന്ന ഗുരുവിന്റെ ആവശ്യമില്ല ഗുരുവിന്റെ ഉപദേശം പ്രത്യക്ഷ ഭ്രമാവപനം കാണുന്നവന് പ്രത്യക്ഷമാകുന്നവര് ഭ്രമത്തിൽ നിന്ന് തന്നെ അതാണ് തെരുവ് നായോട്ട് സ്വപ്നത്തിൽ നിന്നവൻ നമ്മൾ സ്വപ്നത്തിന് എന്തെങ്കിലും കണ്ടു പേടിച്ചിട്ട് എന്താണ് എഴുന്നേറ്റോടാ ശ്രമിക്കുക എഴുന്നേൽക്കാൻ പറ്റില്ല കിടന്ന് വയർത്ത് കുളിച്ച് മാറി നരവിളിച്ച് സ്വപ്നം പോകുന്നുണ്ട് അല്ലെങ്കിൽ പല പിന്നെ ഇതെല്ലാം പോട്ടെ എന്നുവെച്ചാ ഞാതെ നടത്തിയപ്പോ അർജുനെ അതിർത്തിയാവർ ഭ്രഹ്മർപ്പെടുത്തിയത് ജീതൊക്കെ പോട്ടെ ഭഗവാൻ ഉപദേശിച്ചു അർജുനൻ സ്വപ്നം കാണുന്നുണ്ട് അർജുനന് സ്വപ്നം മാറി പക്ഷെ അർജുനന്റെ സ്വപ്നം അവസാനിച്ചു അർജുനൻ വീണ്ടുവിടക്കരുന്ന് യുദ്ധം ചെയ്യുകയാണ് അർജുനന്റെ എന്താണ് ഈ ഭ്രാന്തി മാറിയതായി കാണുന്നത് വീണ്ടും അർജുനൻ വാളും കൊന്തൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാരൊക്കെ കൊല്ലാൻ പോവുകയാണ് ഉപദേശം കൊണ്ട് അജ്ഞാനം നശിച്ച അജ്ഞാന കാര്യങ്ങളെല്ലാം നശിച്ചാൽ കൂടെ ഏത് അർജുനനോ യുദ്ധം ചെയ്യണം അദ്വേദി പറയുന്നതനുസരിച്ച് അതങ്ങനെ സാധിക്കും അതാണ് വെച്ചാൽ ഞാൻ അർജർജുന അർജുനൻ തത്വം മനസ്സിലാക്കിയാണ് അത്യാവ് അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതേവരെ ഒന്നും പറയാം ഒരു ശിക്ഷനെ എടുത്ത ഭ്രഹ്മവൃത്തം നരി ഭ്രഹ്മവൃത്തി കാണുന്നില്ല എന്നുവെച്ചാൽ സ്വപ്നം നിവൃത്തി കാണുന്നില്ല അജ്ഞാന കാര്യങ്ങളെല്ലാം നശിച്ച് അർജുനൻ മുക്തനായത് കാണുന്നില്ല മഹാഭാരത്തിൽ നോക്കിയാലും കാണുന്നില്ല ഇവിടെയുള്ള അർജുനന്മാരെ നോക്കിയാലും കാണും മഹാഭാരതത്തിന്റെ അർജുനൻ എന്താ ചെയ്യുന്നത് മലയിൽ കയറി നടന്ന് വഴിയിൽ മരിച്ചു വീഴുകയായി അത ശിഷ്യോ ആചാര്യ സമസ്ത പ്രപഞ്ച സ്വപ്ന ചതുർഥി അപ്പൊ ഇനി ഒരു പക്ഷം കൂടെ എന്താണോ ശിഷ്യൻ സ്വപ്നത്തിൽ കഥാപാത്രമാണ് സ്വപ്നം കാണുന്നത് അങ്ങനെയല്ല സ്വപ്നത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് ശിഷ്യൻ അപ്പോ അവിടെ ഒരു ചോദ്യം വരും ആരാണ് സ്വപ്നം കാണുന്നത് ഒരു സംശയമല്ല എന്താണ് ഏകനായ അവിദ്യാശിമായിരിക്കുന്ന ആ ഏക ജീവൻ സ്വപ്നം കാണുന്നു അതിന്റെ ഒരു കഥാപാത്രമാണ് ഇത് സ്വീകരിക്കേണ്ടി സ്വപ്നം കാണുന്നത് ഏകനായ ബ്രഹ്മം അവിജീവിത അതാണ് ജീവൻ ആ ജീവൻ സ്വപ്നം കാണുന്നു അതിന്റെ കഥാപാത്രം ശിക്ഷിച്ച് നടക്കുന്നു ശിഷ്യോ ആചാര്യകൻ ആചാര്യനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താണോ ആചാര്യന്മാരെ ഒരു കഥാപാത്രമായി കാരണം ഇവിടെ ഏകജീവൻ ആണ് സ്വപ്നം കാണുന്നത് ശിഷ്യനും ആചാര്യനും എല്ലാം എന്താണ് ഇതിലെ കഥാപാത്രം കാണും അപ്പോ ശിഷ്യു ആചാര്യകൾ സമസ്ത പ്രപഞ്ച സ്വപ്ന കൃഷ അന്യം പ്രപഞ്ചത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്വപ്നനിഷ്ഠാവായ ഒരു ജീവൻ ആ ജീവന്റെ സ്വപ്നത്തിലാണെന്ന് പറഞ്ഞാൽ ഏതൊരു സ്വപ്നമാണെന്ന് നോക്കിയാൽ ഇവിടെ ഞാൻ കരുതുന്നു ഞാനാണ് സ്വപ്നം കാണുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും പറയാം പോലെ ഞാനാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ നമ്മളിൽ ആരോ ഒരാൾ സ്വപ്നം കാണുകയാണ് ഒരു സ്വപ്നം ദൃഷ്ടാവുണ്ടെങ്കിൽ ആ സ്വപ്ന ദൃഷ്ടാവിൻ്റെ സ്വപ്നത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ഗുരുവിൻ ശിഷ്യൻ ആ സ്വപ്നം കാണുന്ന ഒരാൾ നമുക്കറിയത്തില്ല ആരോ ഒരാൾ സ്വപ്നമാണ് അങ്ങനെയാണെങ്കിൽ ആ സ്വപ്നം കാണുന്നവനാണ് ഏകമായ ബ്രഹ്മ മറ്റെല്ലാം കഥാപാത്രം അപ്പൊ ഇവിടെ ശിഷ്യൻ എന്ന് വരുന്നു ഇതിന്റെ ഒരു കഥാപാത്രം മാത്രമാണ് ആണ് പറയുന്നത് അത് ശിഷ്യൂ ആചാര്യോ ശിഷ്യനും ആചാര്യനും സമസ്ത പ്രപഞ്ച സ്വപ്നം അന്യോ ഏതോ ഒരു സ്വപ്നം കാണുന്ന ഒരാളോ ദുഷ്ട അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിവേ ഇത് ചതുർത്ഥ കൽപ്പിഷ്ഠി ശരി നാലാമത്തെ പക്ഷത്തെ സേവ ഇവിടെ എന്താ സംഭവിക്കുന്നു തതച്ച ശിവവാമദേ അർജുന നിവർത്തക ശിഷ്യചാരം അർജുനീനർ പരിഗേന അപവർഗാർപ്രയാസാസ് ഏകദേശം ഏക ജീവവാദികൾ പറയുന്നത് ഇതുവരെ ആർക്കും മോക്ഷം കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത് എന്തുകൊണ്ടാണ് അവരവരെ പറയുന്നത് വെറുതെ പറയുന്ന അത് ഈ പറഞ്ഞാണ് അവസാനം പറഞ്ഞു ഇത് ഇത് സ്വപ്നമാണ് അല്ലേ ഈ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളാണ് ഇതുവരെ ഇവിടെ ഉണ്ടായവരും ഇപ്പോ ഇനി ഉണ്ടാകാൻ പോകുന്നവരും എല്ലാവരും ഇതിലെ ഏക ജീവൻ ആരാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ആരാണോ എന്നുള്ള തീരുമാനിക്കാൻ പറ്റില്ല അപ്പോ ഒരാളുടെ സ്വപ്നത്തിലാണ് ഞാനെന്തുകളൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഈ തത്വം ഞാനും ഉണ്ടായിരിക്കട്ടെ തത്വം ഞാനും ഉണ്ടായി എന്തുകൊണ്ട് സ്വപ്നം കാണാൻ ഞാനല്ല അപ്പോ ഈ സ്വപ്നത്തിനൊരു കഥാപാത്രമാണ് ശുഖബ്രഹ്മർഷി ശുഭബ്രഹ്മർഷിക്ക് ജ്ഞാനമുണ്ടായി എന്തുകൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല സ്വപ്നം ദൃഷ്ടാവും ശുഭബ്രഹ്മർഷി അതെങ്ങനെ എന്ന് മനസ്സിലായി ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകേ ഇതൊക്കെ ഇപ്പോഴിങ്ങനെ നിൽക്കില്ലേ അപ്പൊ ഉറപ്പാണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നയാള് ശുഭബ്രഹ്മർഷി അല്ല വാമദേവനും ശുഭബ്രഹ്മർഷിക്കും ഒക്കെ ജ്ഞാനം ഉണ്ടായെന്ന് ശുദ്ധി പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇവർക്കാർക്കും ഇവരാരും മുക്തരായി കാരണം അവരാരെങ്കിലും ആണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവരെങ്കിൽ അവർക്ക് ജ്ഞാനം ഉണ്ടാകാൻ പോകുന്നവരും സ്വപ്നം നശിക്കുന്ന നമ്മളാരും അങ്ങനെ പിന്നെ ചോദ്യമില്ല ഉത്തരവില്ല ഏകമായ ്രഹ്മം മാത്രം അപ്പൊ എന്തായാലും എവർക്കൊക്കെ ജ്ഞാനം ഉണ്ടായിട്ടും ഇവിടുത്തെ ഈ സ്വപ്നം അവസാനിക്കുന്ന ഇതാണ് അദ്വൈത പ്രശ്നം ഇതൊരു ഗുരുതരമായ വിശ്വസമാണ് അതുകൊണ്ടാണ് പാഷികാരൻ മരണശേഷമാണ് മുക്തി എന്നൊക്കെ പറയാൻ കാരണം ഇതാണ് ഇതൊരു മായ കല്പിതമാണ് ആരുടെ മായ എന്റെ മായാണ് എന്റെ മായ നമ്മളുടെ ആരുടെ മായ ആയാലും ശരി ഈ തത്വജ്ഞാനം ഉണ്ടായ മായ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാൽ ഈ പ്രപഞ്ചമില്ല പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മാത്രം പിന്നെ ഇരിക്കും എന്തുകൊണ്ട് ഞാൻ ഈ മായയിൽ ഉൾപ്പെട്ടയാളാണ് അപ്പൊ എനിക്കിതിൽ ജ്ഞാനം ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെട്ടാലും ശരി എന്റെ ജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല എന്നുകൊണ്ട് അനുഭവം നന്നാവാ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു കാര്യം നമ്മൾ എല്ലാവരും പ്രത്യക്ഷത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അതിന് യുക്തിഹീനതാ ഒന്നും പറയാൻ പറ്റില്ല ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഈ പ്രപഞ്ചം എന്നിട്ട് നമ്മളെല്ലാവരും ഇപ്പൊ സ്വപ്നത്തിലാണ് ഗുരു പറയുന്നു ഇതൊരു സ്വപ്നമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഗുരു ഇതൊരു മുക്തനായിട്ടില്ല ശിഷ്യൻ പറയാനെ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ മുക്തനായിട്ടില്ല വാമദേവൻ പറയുന്നു എനിക്കറിയാം ബ്രഹ്മസത്യം ജഗന്മിത്യ ശരി സമ്മതിച്ചു പക്ഷെ മുക്തനായി മുക്തനായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു സ്വപ്നം അപ്പോ ഏതോ ഒരു തന്റെ ഇതിന്റെ അടുത്തൊരു കള്ളം ചെയ്തിട്ടുണ്ട് സ്വപ്നം കണ്ടു മനസ്സിലായോ അവനാണ് ഏക ജീവൻ അവന് ഇതുവരെ ജ്ഞാനം ഉണ്ടായില്ല അതാരാണ് കള്ളൻ ഇതിനിടയിൽ ആരും ഒരാളിരിക്കുന്നുണ്ട് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഏക ജീവനായിരിക്കും ആ ആളിന് ജ്ഞാനമുണ്ടാകുന്നു ഉണ്ടായതെന്തോരും എന്നിട്ട് ജ്ഞാനം എന്തോരം നമ്മൾ ജാഗ്രത ആയിട്ടുണ്ട് ജാഗ്രത വരുമ്പോൾ സ്വപ്നം അവസാനിക്കുന്ന പോലെ എന്തോരും സ്വപ്നം അവസാനിക്കും സ്വപ്നം അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റയടിക്ക് മുക്തരായി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സാധന സാധ്യമോ ഒന്നും വേണ്ട ഗുരു വേണ്ട ശിഷ്യൻ വേണ്ട ഇതുവരെ ജ്ഞാനം ഉണ്ടായ എല്ലാ ഗുരുക്കന്മാരും മുക്തരാകും ഇതുവരെ അജ്ഞാനിയായിരുന്ന എല്ലാ അജ്ഞാനികളും മുക്തരാവും പക്ഷെ ഏതോ ഒരാൾക്ക് ജ്ഞാനമുണ്ടാവണം അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ തളപ്പിച്ചു പറയുന്നു അല്ല ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അജ്ഞാനം നശിക്കും അജ്ഞാനം നശിച്ചാൽ അജ്ഞാനകാര്യങ്ങളെല്ലാം നശിക്കണം അജ്ഞാനകാര്യങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല പ്രളയവുമല്ല ഇതിൽ നിന്നാണ് ഏകമായ ബ്രഹ്മം മാത്രം അവതാണ് മുക്തി ഇതാണ് അദ്വൈതം ഇത് നടക്കുന്നില്ല നടക്കത്തുമില്ലെന്നാണ് ആര് പറയുന്നത് ദേശീയ തതശ്ചുഭവാമദേവ ശുഭവാമദേവാദി ജ്ഞാനം പോലെ അർജുനാദിജ്ഞാനമതി അജ്ഞാനം നിവർത്തണം അർജുനന്റെയും ഭഗവാന്റെയും എല്ലാ ജ്ഞാനം എന്താണ് അജ്ഞാനം നിവർത്തണം അതല്ല നിഷ്ഫല അതുകൊണ്ട് എന്താണ് എല്ലാം നിഷ്ഫലമാണ് എന്ത് ശിഷ്യ ആചാര്യാണ് കൃഷ്ണ അർജുനാധീന കൃഷ്ണന്റെയും അർജുനന്റെയും എന്താ ഈ ജ്ഞാനമെല്ലാം എന്താണ് അദ്വൈതം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാം നിഷ്ഫലമാണ് അപ്പോ എന്താണ് ഇവരെല്ലാവർക്കും എന്താണ് ത്രിവർഗപരിത്യാഗീന അപവർഗാർത്ഥ പ്രയാസം അതാണ് നിഷ്കലം മനുഷ്യരെല്ലാം എന്ത് ചെയ്യുന്നു ത്രിവർഗത്തെ ഉപേക്ഷിച്ചിട്ട് അപവർഗത്തിന് വേണ്ടി നോക്കി അപവർഗ അർത്ഥത്തിന് വേണ്ടി ധർമ്മ അർത്ഥ കാമം കുറേയധികം ആൾക്കാരെന്ത് ചെയ്യുന്നു ധർമ്മം അർത്ഥം കാമം ധർമ്മം എന്ന് വെച്ചാൽ അവിടെ അത് ഉപേക്ഷിക്കുന്നു അർത്ഥം സമ്പത്ത് വീക്ഷും കാമ അതിനു വീക്ഷും എന്നിട്ട് സന്യാസ ജീവിതം അദ്വൈതികളെ കുറിച്ചാണ് ഈ പറയുന്നത് ചെയ്യുന്നു തിരുവർഗ പരിത്യാഗേൻ അപവർഗാർത്ഥ പ്രയാസം അവരുടെ പരിശ്രമം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രാരംഭോ അനുബന്ധ ഇതൊക്കെ വ്യർത്ഥമാണ് പ്രയാസ നിഷ്പോണ്ട് നിഷ്ഫലെന്ന് പറഞ്ഞ കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടി പരിശ്രമിച്ചു ഒരുപാട് പേർക്ക് തത്വജ്ഞാനം ഉണ്ടായി പക്ഷെ ഉണ്ടായിട്ട് ആർക്കും മുക്തി ഉണ്ടായി എന്തുകൊണ്ട് ഏതോ ജീവനാണോ ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അവന് ഇതുവരെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിച്ചതുമില്ല അവന് ഞാനും ഉണ്ടായില്ല സ്വപ്നം അപ്പൊ ഇനി ഒരു പ്രതീക്ഷ ഇവിടെ എന്താണ് എന്തെങ്കിലും ഒരിക്കൽ മോക്ഷം ഉണ്ടാകും നമുക്കല്ല ഇപ്പൊ ഞാനും ഇയാളായി നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് മോക്ഷം ഉണ്ടാകും എന്നുള്ളതിന്റെ പ്രതീക്ഷ എന്താണ് അതായത് ഈ സ്വപ്നം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആ കളൻ അയാൾ ഏതൊരു അയാൾക്ക് തോന്നുന്നു എന്താണ് എനിക്കൊരു ഗുരുവിനെ കാണണം ശാസ്ത്രം ശ്രമിക്കണം അയാൾക്ക് തത്വജ്ഞാനം ഉണ്ടാവും അപ്പൊ അയാൾ എന്തു ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതോ രാ ആചാര്യനിൽ നിന്ന് തത്വജ്ഞാനം നേടും തത്വജ്ഞാനം നേടുന്നതോടുകൂടി എന്തിനും അയാളുടെ സ്വപ്നം അവസാനിച്ച് അയാൾ പുരിയൽ അയാളുടെ സ്വപ്നം അവസാനിച്ചു അപ്പൊ നമ്മളെല്ലാരും എന്തു രക്ഷപ്പെടും അത് വരെ കാത്തിരിക്കണം അതെന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് ഏക ജീവവാദത്തിൽ ഉറപ്പായിട്ടും പറയുകയാണ് എന്താണ് ഒരിക്കൽ നമ്മളെല്ലാരും എന്താണ് മുക്തരായിരിക്കും അതാണ് തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് അനിശ്ചിതദേഹവിശേഷ സ്ഥിതി സ്ഥിതി അനിർണീതകാലം അത് ഏത് ദേഹത്തിലാണ് ഇയാളിരിക്കുന്നത് അനിശ്ചിതമാണ് ആ ദേഹം ഏത് മൂവായിരത്തിലോ നാലായിരത്തിലോ അയ്യായിരത്തിലോ ഒക്കെയാണോ അനിർണ്ണീതകാലം പക്ഷേ എന്നും സംഭവിക്കാം നമ്മൾ ഈ പറയുന്നൊക്കെ കേട്ടുകൊണ്ട് അയാളും ഇരിക്കുകയാണ് ആ ഒരു ഏക ജീവനം അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് എന്നാൽ പോയി നമുക്കും കുറച്ച് തത്വജ്ഞാനം നേടാമെന്ന് വിചാരിച്ച് അയാൾ പരിശ്രമിച്ച് അയാൾക്ക് ഭാഗ്യമുണ്ട് അയാൾക്ക് തത്വജ്ഞാനം ഉണ്ടായി അയാളുടെ ഈ സ്വപ്നം അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെ അടുത്ത നിമിഷം മുക്തരായി എന്നിവിടെ ഒന്നും കാണത്തില്ല അതും ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അതാരണെന്നുള്ള കാര്യം മാത്രം ഒരു പിടിക്കേദാന് ദേഷ്യം പറയുന്നത് എന്താണ് അതിനുള്ള ഒരു ചാൻസും കാണും അതിനൊരു ചാൻസ് കാണണമെങ്കിൽ നിങ്ങൾ പറയണം ഈ പറയുന്ന സ്വപ്നം കാണുന്നവൻ ഗുരുവാണോ അതോ ഗുരുവിന്റെ സ്വപ്നത്തിലുള്ളയാളാണോ ശിഷ്യനാണോ ശിഷ്യത്തിന്റെ സ്വപ്നത്തിലുള്ള ആണോ ഈ നാല് പേരിൽ ഒരാളായി എങ്ങനെയേക ജീവവാദം ശരിയാവും മനസ്സിലായോ ഈ നാല് പേരിൽ ആരായാലും ശരി ഇവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം സംഭവിക്കില്ല അതുകൊണ്ട് ഏകജീവവാദം അസംബന്ധമാണ് ഇതാണ് പറയുന്നത് മനസിലായോ മനസ്സിലാകാത്ത ഒരു വായിച്ച മനസ്സിലാകാ ശൈതത്തെ കുളിപ്പിച്ചു കടത്തിന്നെയാണോ പറയാം കുളിപ്പിച്ചു കിടത്തുന്ന എപ്പോഴാണ് മരിക്കുന്നു കഥ കഴിച്ച് ഏ അതെ മരിച്ചു കഥ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ രാമാനുരാചാര്യ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി വിശദീകരിച്ച് വേദാന്ത ദേശികര് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു അദ്വൈതം അസംബന്ധമാണ് രാമാനുജാചാര്യർ ഉന്നയിച്ച ഈ വാദങ്ങളെയെല്ലാം അദ്വൈതികൾ ഖണ്ഡിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കൂടി ഒന്ന് നോക്കാം ഏ രാമാനുജാചാര്യോട് പറഞ്ഞ കാര്യം അതിനൊന്നും ഒന്നും ആരുത്തൊട്ടിട്ടില്ല തൊട്ടതായിട്ട് എനിക്കറിയില്ല ഇനി ഏതെങ്കിലും എങ്കിലും ഇന്നുണ്ടോന്നറിയി ചിലപ്പോ കണ്ടയ്ക്ക എന്റെ അറിവ് രാമാനുജാചാര്യരുടെ ഈ ദണ്ഡനത്തെ പണിച്ചയാളാണ് വെങ്കടനാഥൻ ഇനി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം ഇതൊന്നും അത് തന്നെ ഒരേ പേര് എനിക്കൊരിക്കല് പിന്നെ സംശയം തോന്നി അങ്ങനെ ഞാൻ വിശേഷത്ത് വെച്ച് അവിടെ ഒരു വലിയൊരു ഇഷ്ടാധൈര്യുണ്ട് അവരുടെ അഭിപ്രായം അറിയണമെന്ന് ഞാൻ പോയിക്കൊണ്ട് ചോദിച്ചു അപ്പൊ അന്ന് നമ്മുടെ ഗൂഗിൾ ഗുരു ഒന്നുമില്ല അന്വേഷിക്കാനും പിടിക്കാനും അവർ പറഞ്ഞല്ലേ തന്നെയാണ് അങ്ങനെ ഒരിക്കലും അവരുടെ പരമ്പര അംഗീകരിക്കുന്നു പേരൊന്നാണ് രാമാനുജാചാര്യ ഒരാൾ ഒരേ ആളിൽ തന്നെ വ്യാഖ്യാനിക്കുകയും കണ്ടിക്കുകയും ചെയ്യുക അത് നടക്കില്ല ഏ അത് കൃത്യമായി ആളെ കുറിച്ച് വലിയ വിവരവും ആരാ പക്ഷെ അദ്ദേഹം വലിയ പണ്ഡിതനാണ് ഏ അത് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഗീതിയുടെ പൈശാചിക ഭാഷ അതിന്റെ വ്യാഖ്യാനം അദ്വൈത ഹനുമാചാര്യരുടെ വ്യാഖ്യാനം അത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു അതിന് പറയുന്നതിലേക്ക് ചെറുതായി നമ്മൾ കടന്നു പോകാം അദ്വൈതികൾക്കൊക്കെ ഒരു സമാനമാണ് അല്ല ജയസീകരെന്ന് മറ്റൊരു ജീവിതം പറഞ്ഞിരിക്കുന്നു മറ്റത് എന്താണ് രാമാനുജാചാര്യരെ തുടർന്ന് പറഞ്ഞായിരുന്നു വ്യാഖ്യാനിച്ചായിരുന്നു രാമാനുജാചാര്യരെ ഖണ്ഡിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും ഖണ്ഡിച്ചു കഴിഞ്ഞു നേരിട്ട് രാമാനുജാചാര്യരെ വ്യാഖ്യാനിക്കുക ചെയ്തു വേദാന്ത ദേശീയ രാമാനുജാചാര്യരെ ഖണ്ഡിച്ചാൽ പിന്നെ തീർന്നുള്ളത് അത് വേദാന്തനെ രക്ഷയില്ല അവര് അംഗീകരിക്കാൻ അവര് തിരിച്ചു കണ്ടിക്കുന്നു അല്ല അവരിപ്പോ ദേശീയരെ ഖണ്ഡിച്ചാലും അവരംഗീകരിക്കുന്നു സാധാരണ രീതി പറയുന്നു എന്താണ് ശങ്കരഭാഷ്യത്തെ ഒരാള് ഖണ്ഡിക്കുന്നു പണിച്ചു കഴിഞ്ഞാ പിന്നെ ശങ്കരഭാഷ്യത്തിന്റെ വ്യാഖ്യാനങ്ങളെ ഖണ്ഡിക്കേണ്ട ആവശ്യം മൂലഗ്രന്ഥത്തെ ഖണ്ഡിച്ച് അങ്ങനെ ായിരിക്കും പുള്ളി അങ്ങനെ ചെയ്തു മൂലഗ്രന്ഥത്തെ തന്നെ കണ്ടിക്കുക ഈ ആപ്പ ഉപ്പൊക്കെ കേന്ദ്ര സമാനം പറയും മെയിനാണെ തന്നെ ഞാൻ കണ്ടിച്ചു എന്ന് വിചാരിച്ചു ഏ ആ അതെല്ലാം പ്രഥമ മണ്ഡ നിർവഹണ ന്യായം ആശാന അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്മാരെ ഓടിക്കോളും അങ്ങനെ അപ്പം അത് അതിന് ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ രീതി ഒന്ന് അദ്ദേഹം പറയുന്നത് ഒന്ന് ഈ രാമാനുജാചാര്യ അജ്ഞാനിയാണ് നേരിട്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അജ്ഞാന വിചര്ഭിതമാണ് അതാണ് അദ്ദേഹത്തിന്റെ ഒരു വാർത്ത ആര് അദ്വൈതീയുടെ പക്ഷം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാദ്വൈതികൾ പറയും ശങ്കരാചാര്യജ്ഞാനി എന്ന് പറയും പ്രശ്നം എന്തീരുമോ അപ്പം അവരെങ്കിലും മറുപടി പറയും പിന്നെ രണ്ടാമതൊരു പക്ഷം പറഞ്ഞിരിക്കുന്നത് ഭഗവത്പാദ ശ്രീ എന്നാണ് ശ്രീസൂക്തി ഭഗവാൻ ശങ്കരാചാര്യരുടെ ദിവ്യമായ വാണികളിലൂടെ അദ്വൈതത്തെ സ്ഥാപിച്ചു കഴിഞ്ഞു വെങ്കടനാഥൻ പറയുന്നതാണ് ഭഗവാൻ പക്ഷികാലെ ദിവ്യവാണികളിലൂടെ അദ്വൈതത്തെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാപനം കൊണ്ട് തന്നെ വിഷ്ടാദ്വൈതം ദ്വൈതം എല്ലാം പോയി ഇനി പ്രത്യേകിച്ച് അതിനൊന്നും കണ്ടിക്കേണ്ട ആവശ്യം ഇല്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഓരോ നിലപാടുകൾ ഞാൻ പറയും ഇനി വിഷ്ടാദ്വീതം എന്തോ പറയും രാമാനുജാന്റെ ഭഗവാൻ രാമാനുജാചാര്യന്റെ ദിവ്യവാണികളിലൂടെ വിശിഷ്ടാദ്വൈതത്തെ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ അദ്വൈതം പോയിരും പറയും ഏ ആ ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നു മൂന്നാമത് അദ്ദേഹം പറയുന്നത് എന്താണ് ശ്രുതി ശ്രുതിയിൽ പറയുന്ന അദ്വൈതമാണ് അതുകൊണ്ട് രാമാനുജാചാര്യർ പറഞ്ഞ അജ്ഞാനം കൊണ്ടാണ് അതൊന്നും സ്വീകരിക്കാൻ പറ്റി അപ്പോൾ രാമാനുജപക്ഷക്കാരെന്തു പറയും ശ്രുതി പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ് ജ്യാദ്വീതമാണ് അതുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കാൻ പറ്റത്തില്ല ഇതാണ് ആദ്യം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പറയും മൂന്ന് കാര്യങ്ങൾ പറയും നിരവധി വിഷയങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം പറയുന്നത് അതായത് ഇവിടെ രാമാനുജാചാര്യർ പറയുന്നത് ഇവിടെ ഭേദത്തെയാണ് പറയുന്നത് സങ്കരായെന്ന് പറഞ്ഞു ആ ഭേദം ഉപാധിക ആ ഒരു വിഷയത്തിൽ അദ്വൈതി പറയുന്നത് എന്താണ് വേദത്തിൻ്റെ ഒരു നിയമമുണ്ട് അനന്യലഭ്യോ ഈ ശബ്ദാർത്ഥം എന്ന് വെച്ചാൽ ഗീത എന്ന് പറയുന്നത് ഉപൻഷത്താണ് എന്തുകൊണ്ട് ഈശ്വരൻ പറഞ്ഞു അപ്പോ വേദ അർത്ഥത്തെക്കുറിച്ച് ദൈവനിക്ക് ഒരു പ്രശ്നമുണ്ട് വേദ അർത്ഥം എന്ന് പറയുന്നത് പ്രത്യക്ഷം അനുമാനം ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ കിട്ടുന്ന അർത്ഥമുണ്ട് എന്താണ് അത് അന്യലഭ്യമല്ല അത് സ്വർഗം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് മറ്റു പ്രമാണങ്ങളിലൂടെ ശ്രദ്ധമായ കാര്യമുണ്ട് മനസ്സിലായത് കാരണം സ്വർഗമെന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് പ്രത്യക്ഷ അനുമാനാദികളിലൂടെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല വേദം തന്നെ വേണം എന്തുകൊണ്ട് അനന്യ ലഭ്യോഹി ശബ്ദാർത്ഥിയുടെ അർത്ഥം അതാണോ അതിനോക്ക് അലൗകികമെന്നോ അതീന്ദ്രിയമെന്നോ എല്ലാം പറയാം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ശ്രീ പറയുന്നത് ഗീതയും അതാണ് പറയുന്നത് അപ്പോ ഗീതയിൽ പറയുന്നത് എന്താണ് അദ്വൈതമാണ് അനന്യ ലഭ്യമായ പ്രത്യക്ഷാതി പ്രമാണങ്ങളെ കൊണ്ടൊന്നും കിട്ടാത്ത അദ്വൈതത്തെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ ഭേദത്തെയാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ അദ്വൈതി പറയും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭേദം എന്ന് പറയുന്നത് അജ്ഞന്മാരുടെ അനുഭവമാണ് ലോകസിദ്ധമായ കാര്യമാണ് അതിവിടെ പറഞ്ഞിരിക്കുന്നത് കേവലം അനുവാദരൂപത്തിലാണ് അതിനെ എന്താണ് ഗീത ബോധിപ്പിക്കുകയല്ല അജ്ഞന്മാർക്ക് ഇങ്ങനെയാണ് അനുഭവം എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് പരമാർത്ഥത്തിലുള്ള അജുവിതൊക്കെയാണ് ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഭേദത്തെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കയിതാണ് ഇവിടുത്തെ ഭേദം എന്ന് പറയുന്നത് എന്താണ് അത് കേവലം അനുമാ അനുവാദമാണ് പരമാർത്ഥം അജ്ഞന്മാരുടെ അനുഭവത്തെ കുറിച്ച് പറയും ശരിക്കും ഇവിടെ ഭഗവാൻ എന്താ ഉപദേശിക്കുന്നത് അദ്വൈന ഇവിടെ ഭേദത്തെ പറയുന്ന അതിന് ഗീതയിൽ നിന്ന് ഒരു പ്രമാണം പറയുന്നു ക്ഷേത്രജ്ഞം ജാവിമാംവിദ്യ ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ ക്ഷേത്രജ്ഞനുമാണ് എന്നുവെച്ചാൽ ജീവനും ഞാൻ തന്നെ അതിൻ്റെ തത്വസി പറയുന്നു ജീവരായിക്യമാണ് ഭഗവാൻ പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഇതിന് ഇഷ്ടാദ്രയുടെ പക്ഷത്തിൽ നിന്നും മറുപടി പറയും എന്ന് ഇഷ്ടാദ്വിതി പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് അനന്യ ലഭ്യവും ശബ്ദാർത്ഥം സാധാരണ പ്രമാണങ്ങളിലൂടെ കിട്ടുന്നതല്ല ശബ്ദാർത്ഥം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭേദം അദ്വൈതി പറയുന്നത് ഇത് അജ്ഞന്മാരുടെ അനുഭവത്തെ പറയുകയാണ് അജ്ഞന്മാരുടെ അനുഭവം തന്നെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്തോ അനന്യലഭ്യമായ പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ കിട്ടാത്ത വിശിഷ്ട അദ്വീതത്തെയാണ് കോഴിക്കുകയും തീർന്നു മനസ്സിലായത് അജ്ഞന്മാരുടെ ഭേദത്തെ അഹം ത്വം എന്നെല്ലാം പറഞ്ഞിട്ട് അജ്ഞന്മാരുടെ ഭേദത്തെ നിർദ്ദേശിച്ചുകൊണ്ട് അതിനെ നിഷേധിച്ചിട്ട് അദ്വൈതത്തെയാണ് ഭഗവാൻ പറയുന്നതെന്ന് അദ്വൈതകൾ പറയും നിശിഷ്ടാദ്വൈതി പറയും അതൊക്കെ ശരിയാണ് അനഞ്ജലക്ഷി സിദ്ധാർത്ഥം എന്ന് പറയുന്ന മീമാംസ ന്യായത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ ഭേദത്തെ അനുവാദം ചെയ്തിരിക്കയാണ് അതിനെ അനുവാദം ചെയ്തുകൊണ്ട് അത് അച്ഛന്മാരുടെ അനുഭവമാണ് ഇവിടെ എന്തു വിശിഷ്ട അദ്വൈതം അവിടുത്തെ സിദ്ധം ഞാൻ നമുക്ക് വിശദീകരിച്ചിട്ടുള്ള ഭേദമല്ല ഇവിടെ അപൃതക്സിദ്ധിയെ കുറിച്ചാണ് പറയുന്നത് സിനിമ നാരായണനിൽ നിന്ന് പൃഥക്കായി ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല അതാണ് അപൃഥക്സിദ്ധി എന്ന് പറയുന്നത് അക്കാര്യങ്ങളൊന്നും പറയുന്നത് അപൃതക്സിദ്ധി എന്ന് പറയുന്നത് ഇഷ്ടാദ്വീതയുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് അദ്വൈദിയുടെ അത് അദ്വൈതി പറയും അദ്വൈതിക്ക് അദ്വൈതിയുടെ സിദ്ധാന്തം എന്താണോ എന്ന് പറയാം ഇഷ്ടാദ്വൈതി വരെ നിങ്ങള് പറഞ്ഞ അനന്യ ലഭ്യൂ ഹി ശബ്ദാർത്ഥം ശരിയാണോ ഭേദത്തെ അനുവാദം ചെയ്യുന്നു ചെയ്തിട്ടെന്ത് ചെയ്യുന്നു വിശിഷ്ടാദ്വൈതത്തെ ബോധിപ്പിക്കുന്നു ആണ് അതും അതിന് മുമ്പ് വരുമ്പം ഇവിടെ ഭാഷ്യത്തിൽ തന്നെ പതിമൂന്നാം ധ്യായത്തി ഒരു വിശദീകരിക്കും രാമാനുജാ വിശദമായി പറയും അവിടെ മനസ്സിൽ അവിടെ വിശദീകരിക്കും അതിനവർക്ക് അവരുടേതായ അപ്പൊ പിന്നെ ഇതിലൊക്കെ രാമാനുജാചാര്യർ പറഞ്ഞ ഓരോരോ വിഷയങ്ങളെടുക്കും അവര് എന്താണ് ഭഗവാൻ അദ്വൈതത്തെ ഗ്രഹിച്ച് ശിഷ്യനെ ഉപദേശിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ ഭേദവ്യവഹാരം സംഭവിക്കും നേരത്തെ ചോദിച്ചു അല്ലെ അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളോ പിന്നെ ഭേദവ്യവഹാരം അങ്ങനെ സംഭവിക്കും അതിന് വിശദമായ മറുപടി പറയുന്നുണ്ട് അവര് അദ്വൈത് അതിന് പ്രമാണമായി സ്വീകരിക്കുന്നത് രാമായണകഥയാണ് രാമായണത്തിലെ ശ്രീരാമ പരശുരാമ സമ്മാർ ഉദ്ദേശിച്ചുകൊണ്ട് അദ്വൈതികൾ അതിന് മറുപടി ഇഷ്ടാദ്വൈതി അത് കേട്ടുകൊണ്ടടങ്ങിയിരിക്കും അപ്പൊ ഇത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ചർച്ചകളെല്ലാം വാചോ യുക്തികൾ ആണോ നിങ്ങൾ ഒരു സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നത് ഖണ്ഡിക്കുന്നത് എല്ലാം എന്താണ് കേവലമായ വാചോ യുക്തികൾ വാചോ യുക്തി എന്ന് വെച്ചാൽ വെർബൻ ലോജിക്ക് എന്ന് പറയും നിങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് ഇതാണ് എന്താണ് വെർബൻ ലോജിക് ഈ എല്ലാ ആചാര്യന്മാരും അവരുടെ സിദ്ധാന്തങ്ങളെല്ലാം സ്ഥാപിക്കുന്ന എന്തുപയോഗിച്ചിട്ടാണ് ഗർബൻ യോജിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെല്ലാം അവരവരുടെ ശാസ്ത്രത്തിൽ നിലനിൽക്കൊണ്ട് പക്ഷെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാവരും പൊളിപ്പിച്ചു കിടക്കും അതായത് വിദ്യാരണ്യസ്വാമികളൊരു ഗ്രന്ഥം ഒഴിയിരുന്നു സർവദർശന സംഗ്രഹം അത് ചാർവാക ദർശനത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ പറയുന്ന ഇഷ്ടം ദ്വൈതും മീമാംസ ദർശനം ഇതെല്ലാം കഴിഞ്ഞ് അദ്വൈതത്തെ അവസാനിക്കും എന്നുവെച്ചാൽ ഓരോന്നിനെയും ഖണ്ണിച്ച് അത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് എവിടെ നിർത്തും അദ്വൈതമാണ് ശരിയെന്നത് എന്തുകൊണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായി ആരാണ് ഒരു അദ്വൈതിയാണ് ഒരു ചാർവാകനാണ് എഴുതി എന്നിരിക്കട്ടെ ചാർവാകൻ എവിടെ തുടങ്ങും അദ്വൈതത്തിൽ തുടങ്ങിയിട്ട് ആദ്യം അദ്വൈതത്തെ നിഷേധിച്ച് ദ്വൈതം എല്ലാം നിഷേധിച്ച് നിഷേധിച്ച് എവിടെ കൊണ്ടെത്തിക്കും ചർവാക ദർശനത്തിൽ കൊണ്ടെത്തിക്കും ഇതിനാണ് ഞാൻ പറയുന്നത് വെർബൽ ലോജിക് എന്ന് പറയുന്നത് വാചോയുക്തികളാണ് അതാണ് സംഭവിക്കുന്നത് അത് പിന്നെ ഇതിന് ഒരു മൂല്യമില്ലേ എന്ന് വെച്ചാൽ കൊണ്ട് അവരവരുടെ ദർശനങ്ങൾ ഇത് മൂല്യം അത് മൂല്യമില്ല എന്നല്ല അവരമേ അപ്പൊ അവരവരുടെ ദർശനം എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾ ഏത് ദർശനത്തിനാണോ വിശ്വസിക്കുന്നത് നിങ്ങൾ അദ്വൈതിയാണോ ഇഷ്ടാദ്വൈതിയാണോ അദ്വൈതിയാണോ ഏതിനാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഇതിന് പൂർണമായ മൂല്യം സംശയവൊന്നുമില്ല അപ്പോ നമ്മള് എന്തെയ്യുന്നു അദ്വൈതം മനസ്സിലാക്കുമ്പോ അവിടെ തീർച്ചയായിട്ടും അദ്വൈതത്തിന്റെ മൂല്യമാണ് നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒന്നും ആകാതിരിക്കാൻ പറ്റില്ലല്ലോ അത് പറ്റൂ ഏ അതിപ്പോ നമ്മള് ഒരുപാട് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം കാണുന്നു ഞാനിപ്പോ സെലക്ട് ചെയ്തിരുന്ന സെൻസോടെയിലാണ് പലതും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് പല്ലിന് ഭയങ്കര പൊളിപ്പ് സെൻസോടെയും സെലക്ട് ചെയ്ത അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം എന്റെ ഇപ്പോഴത്തെ വിശ്വാസം എന്താണ് ഇതൊക്കെ എന്റെ പല്ലിനു പറ്റിയതാണെന്നാണ് കോൾഗേറ്റ് വേറെ അത് സമ്മതിക്കില്ല അവൻ പറയുന്നു അത് മതി എന്റെ പല്ലിന് പല്ലിന്റെ പൊളിപ്പിന് നല്ലതെന്നാണ് എന്റെ പരസ്യം അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസം അവസാനം കൂടെ ഒരു അതിലൊരു സംശയവും വേണ്ട നിരാശപ്പെടേണ്ട കാര്യമുണ്ട് ഇതെല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ അത് ഇതാണല്ലോ നമ്മളിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറി എന്തെങ്കിലും ഒരു എന്താണ് സാധനം നമ്മൾ എന്ത് ചെയ്യും ഒരുപാടെണ്ണം പരിശോധിച്ച് നോക്കും വില ക്വാളിറ്റി പിന്നെ അതിന്റെ റിവ്യൂ എല്ലാം നോക്കിയിട്ടല്ലേ നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു അല്ലാമൊരു കാര്യം ഒന്നിങ്ങി എടുക്കും ആ ആവശ്യ വിശ്വാസികളുടെ കാര്യം ഞാൻ പറയും അപ്പം ആവശ്യമുള്ളവരെന്തെയും എല്ലാം നോക്കിയ റിവ്യൂ എല്ലാം നോക്കിയിട്ട് റേറ്റിംഗ് എല്ലാം നോക്കിയിട്ട് ബുദ്ധിയുള്ളവരാണെങ്കി ഒന്ന് സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളെന്തായാലും വിശ്വാസികളാണ് ഇതെല്ലാം നോക്കുക നോക്കിയതിന് ശേഷം പിന്നെ ഇതിന്റെ റിവ്യൂ ഇതിന്റെ റേറ്റിംഗ് എന്താ നോക്കിയതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്യുക അതുകൊണ്ട് നഷ്ടമില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് സമയം കളയണം കാരണം അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും അല്പം കെട്ടണം നില പറ്റും ഏറ്റവും നല്ല ഒന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നില കെട്ടണം അതിനാണ് നമ്മളിത് പരിശ്രമിക്കുന്നത് അതായത് ഒന്നും ആരും പേരിൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്ന അവരോരോ സെലക്ട് ചെയ്യാൻ എന്തായാലും നമ്മൾക്ക് ആവശ്യക്കാരാണ് എന്തുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ് അപ്പൊ നമ്മൾ ആവശ്യക്കാളാണ് ആത്മീയക്കാരാണ് അപ്പൊ ഇഷ്ടമെന്ന് സെലക്ട് ചെയ്ത എന്താ പറയുക അതായത് എനിക്കിതിന് ഓരോ ദുരുദ്ദേശം ഇല്ല ശരി അപ്പൊ അടുത്ത ക്ലാസിന്റെ കാര്യം എങ്ങനെയാണ് ഒന്നും ഇതുവരെ എന്നെ അറിയിച്ചിട്ടില്ല ഏ അതായത് ഇവിടെ സാറിന അടുത്ത ക്ലാസ് നേരത്തെ തന്നെ അറിയിക്കും അപ്പോ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സാറിന പതുപോലെയാണെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അസൗകര്യമൊന്നുമില്ല ഞാൻ ഫ്രീയാണ് ഇപ്പൊ സാറിന് എന്റെ അസൗകര്യം കൊണ്ട് ഇവിടെ ക്ലാസ് മുടങ്ങാറില്ല ഇവിടുത്തെ അസൗകര്യം കൊണ്ട് മുടങ്ങാറുണ്ട് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നു ഇവിടെ അല്ലെങ്കിൽ ചെറു കണ്ടവിടെ ഇപ്പൊ എന്തെ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ബി എ അത്യാസന്റെ നിലയിൽ ായിരിക്കും അപ്പോ ഏ അതുകൊണ്ട് ഒരു പി എ ഇല്ലാതെ കാര്യം നടക്കത്തില്ല അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പി നിയമിച്ചിട്ട് അടുത്ത ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്നാണെന്ന് എനിക്കിപ്പോ ഒരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എപ്പോഴായാലും ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ അതുവരേക്കും ഗുഡ് ബൈ നന്ദി നമസ്കാരം